മാതാപിതാക്കളോട് നന്നായി പെരുമാറണമെന്ന് മനുഷ്യനോട് നാം ഉപദേശിച്ചു എന്നാൽ നിനക്കറിവില്ലാത്ത കാര്യത്തിൽ എന്നെ കൂടാതെ മറ്റൊന്നിനെ പങ്കുചേർക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ നീ അവരെ അനുസരിക്കരുത് നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ് അതിനാൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്